തീർച്ചയായും നാം ആ വലിയ ഉത്തരവാദിത്തം ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും മുന്നിൽ അവതരിപ്പിച്ചു എന്നാൽ അത് വഹിക്കാൻ അവ വിസമ്മതിക്കുകയും അതിനെ ഭയപ്പെടുകയും ചെയ്തു എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു തീർച്ചയായും അവൻ വലിയ അക്രമിയും അറിവില്ലാത്തവനുമാണ്